ർഭാവനിഗതവ്യത വൈഭവോ യഞ്ചാനന പാഞ്ഞ്ചജന്യവപുഷാവഷ്ട്വാത്മദ പ്രഹ്താദാഹിതാർത്ഥ തണമിഷ്ട പ്രമാണം തരി സോമ്യവശ് ശരബിന്ദു സുന്ദരനുഃ സിഹാദ്രി ചൂടാമണി ജ്യോതിര്യദക്ഷിണാമൂർത്തിവ്യാസംകര ശ്രദം ജ്ഞാനോത്തമാം തദ്വന്ദേ സത്യാദപദോദിജം വിപ്രതിപത്തി വരാധാന്തസ്തൽവാചാ ഹൃദയത്തിസുഖമിനദീപിഗുഷ പ്രണമുർഭിന്നഹാമോഹമദാരമസ്കുമോ വിശദാ उभेत्र आई ൂപത്ഭാവ പ്രത്യക്ഷവിരധേദോ കായാ മനസ്സിന് രൂപാഭാവം പറയുന്നു സ്പർശാഭാവ അത് ഏതുകൊണ്ടെന്ന് പറഞ്ഞാൽ ബാധദോഷം വരും എന്ന് പറഞ്ഞു അത് മാത്രമല്ല അങ്ങനെ നിങ്ങൾ അനുമാനം നടത്തുകയാണെങ്കിൽ വായുവിൽ രൂപാഭാവം കൊണ്ട് ഏതുകൊണ്ട് സ്പർശാഭാവത്തെ അനുമാനം നടത്താം അങ്ങനൊരു ദോഷം വരും എന്തുകൊണ്ട് ബാക്കിയുള്ള ആകാശവാദികളിൽ രൂപമുള്ളടത്തെ സ്പർശമുള്ളൂ രൂപമില്ലാത്തടത്ത് സ്പർശമില്ല അപ്പൊ വായു രൂപമില്ല സ്പർശമില്ലെന്ന് പറയേണ്ടി വരും ഇനി അടുത്ത നേരത്തെ പറഞ്ഞ ഒരു കാതലായ പ്രശ്നം എന്താണ് സാവയവത്വേജ തംഭാംശ്വേദ്രവ്യംഭകത്വ യോഗ സ്പർശമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ദ്രവ്യാരംഭകമാകത്തില്ല ഏതുപോലെ മനസ്സുപോലെ അതിനാണ് സമാനം പറയുന്നത് ഇവിടെ അനുമാനം നടത്താണ് തമ പരമാണവ കാര്യദ്രവ്യ അനാരംഭക അസ്പർശ്യാത് യഥാമനഹ അതാണ് ഹനുമാൻ പക്ഷെന്താണ് തമഹ എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് തമ പരമാണവ ഇവിടെ ഇപ്പോൾ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ തമസിന് പരമാണുക്കളുണ്ട് എന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് അവസാനം പറയില്ല സിദ്ധാന്തി കാരണം പൊറുവക്ഷിയോട് തർക്കീനോട് സംസാരിക്കുമ്പോൾ സിദ്ധാന്തം പറഞ്ഞ് മറുപടി പറഞ്ഞാൽ പറ്റത്തില്ല ആദ്യം അവരുടെ സിദ്ധാന്തമനുസരിച്ച് അവർ പറയുന്നത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ സ്വന്തം സിദ്ധാന്തം അനുസരിച്ച് മറുപടി പറയും അതാണ് രീതി അപ്പോ ഇവിടെ അവരുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ പറയുകയാണ് തമപരമാണവ പക്ഷം കരിദ്രവ്യ അനാരംഭക അത് കാരിദ്രവ്യത്തിന്റെ ആരംഭകം അല്ല സാധ്യം കരിദ്രവ്യ അനാരംഭകത്വം സാധ്യം ഏതു അസ്പർശക നിഷ്ടാന്തം മനഃ നിഷ്ടാന്തത്തിൽ നോക്കുക മനസ്സിൽ ഏതുണ്ടോ അസ്പർശകത്വം മനസ്സിൽ സ്പർശമില്ല സാധ്യം നോക്കുക കാര്യദ്രവ്യ അനാരംഭകത്വം മനസ്സ് കാര്യദ്രവ്യത്തിന്റെ ആരംഭകം ഹേതുവല്ല പരമാണു ആണ് ഇനി പക്ഷം എന്താണ് തമസ് സാധ്യമുണ്ട് എന്താണ് കാര്യദ്രവ്യ അനാരംഭകത്വം അങ്ങനെ അതെ അതെ അതെ േതു വന്നു ഹേതു വന്നവിടെ ഇപ്പൊ സാധ്യം വന്ന് വന്നേ തീരും തമസ് സ്പർശമില്ല ഇതെല്ലാം പറയുന്നത് താർക്കിയ സമ്മതമായ രീതിയിൽ പറയു അപ്പോ ശ്രദ്ധിച്ചത് എന്താണ് തമസ് ദ്രവ്യാരംഭകമല്ല തമസിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല സ്പർശം ഇല്ലാത്തത് കൊണ്ട് മനസ്സിലൂടെ അതുകൊണ്ട് എന്താണ് ഈ കാണുന്നത് ഒരു കാര്യദ്രവ്യമല്ല തമസ് അനിയോ അത് പ്രകാശത്തിന്റെ അഭാവമേ ഉള്ളൂ അല്ല അവിടെ തമസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ദ്രവ്യം ഇല്ല കാർത്തിയന്റെ അനുമാനമാണ് അസ്പർശകത്വദേവ എന്ന് പറയുമ്പോൾ അസ്പർശകത്വ ഹേതു മപരമാണു നാം എന്ന് പറയുമ്പോൾ അത് പക്ഷം മനോവത് എന്ന് പറയുമ്പം ദൃഷ്ടാന്തം ആര അനാരംഭകത്വം എന്ന് പറയുമ്പം തത്ര വൈയർത്ഥ്യ ഉപാധേ സദ്ഭാവാ അനുമാനത്തിൽ ഉപാധിയുണ്ട് എന്താണ് വയ്യർത്ഥ്യം എന്നുവെച്ചാൽ കാര്യദ്രവ്യവൈയർ അതാണ് വൈയർഥ്യം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം കാര്യദ്രവ്യ വൈയർത്ഥ്യം അങ്ങനെ ഒരുപാധ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വ്യർത്ഥമായിക്കും മനോഹത്വം എന്നല്ലേ പറഞ്ഞത് മനസ്സിൽ നിന്ന് അത് സിദ്ധാന്തമാണ് മനസ്സിൽ നിന്നൊരു കാര്യദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വ്യർത്ഥമാകും എന്നാണ് അതെങ്ങനെ വ്യർത്ഥമാകും പറയുന്നു ഒരു കാര്യദ്രവ്യം സാർത്ഥകമാകണമെങ്കിൽ അതൊന്നുകിൽ ശരീരം അല്ലെങ്കിൽ ഇന്ദ്രിയം അല്ലെങ്കിൽ വിഷയം ഈ മൂന്നിനായതെങ്കിലും പഠനം എന്നാലേ ഒരു കാര്യദ്രവ്യത്തിന് അർത്ഥവത്വം ഉണ്ടാകത്തുള്ളൂ അപ്പൊ അത് അർത്ഥവത്താകുക എന്ന് പറഞ്ഞാ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വ്യാപാര ഭോഗസാധനം തർക്കന്മാരുടെ ഭാഷ ഒരു കാരിദ്രവ്യം അർത്ഥവത്താകുന്ന് പറഞ്ഞാൽ അത് ഭോഗസാധനമാകുക അതാണ് ഇപ്പോൾ ഒരു കാര്യദ്രവ്യം ഭോഗസാധനമാണെങ്കിൽ ഒന്നുകിൽ അത് ശരീര രൂപത്തിൽ ഭോഗസാധനം അല്ലെങ്കിൽ ഇന്ദ്രിയ രൂപത്തിൽ അല്ലെങ്കിൽ ജീവന്റെ ഭോഗസാധനം ശരീരത്തെ കുറിച്ച് പറയുന്നതാണ് അത് ഭോഗ അച്ഛേദകമാണ് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന അതിന് കാരണമായി വിഷയങ്ങളെന്ന് പറയുന്നത് വിഷയത്വേന ഭോഗസാധനമായി അത് താർക്കികന്മാർ സംബന്ധിക്കുന്ന കാര്യമാണ് കാരണം അവരെ സംബന്ധിച്ചതാണ് പൃഥിവി അപ്പ് തേജസ് വായു ഈ നാല് ദ്രവ്യങ്ങളിൽ നിന്നാണ് കാര്യദ്രവ്യങ്ങളുണ്ടാകുന്നത് നാലെണ്ണത്തിനെയുള്ള കാര്യദ്രവ്യം ഈ നാലെണ്ണത്തിന്റെ കാര്യം ശരീരം ഇന്ദ്രിയം വിഷയം അങ്ങനെ മൂന്ന് രൂപത്തിലാണ് തർക്കസംഗ്രഹിച്ചിട്ടുണ്ട് ഇത് മൂന്നും എന്താണ് ജീവന് ഭോഗ സാധനമാണ് അതന്നെ അടുത്ത് പറയും തത്ര വൈയർത്ഥ ഉപാധി സദ്ഭാവാ താന്ന് വെച്ചാൽ തസ്മിൻ അനുമാനെ പൂർവ്വോക്താനുമാനി ശരീരതയാ വിഷയതയാ ഇന്ദ്രിയതയാ മന ആരബ്ധ്രവ്യ ഭ സംഭാവനീയ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണ് ശരീരം എന്നുള്ള നിലയ്ക്കോ വിഷയമെന്നുള്ള നിലയ്ക്കോ ഇന്ദ്രിയമെന്നുള്ള നിലയ്ക്കോ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ആ കാര്യദ്രവ്യം ഭോഗത്തിന് സാധനമാകത്തില്ല എങ്ങനെയെന്ന് വിശദീകരിക്കും മനസ്സിലാകാം മനസ്സിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദ്രവ്യം ഇല്ല ഉണ്ടാകുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് ഒരു കാര്യദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരമായിട്ടത് ഭഗസാധനം ആകത്തില്ല ഇന്ദ്രിയമായിട്ട് പോകസാധനം ആകത്തില്ല വിഷയമായിട്ടും ഭോഗസാധനം ആകത്തില്ല മനസ്സിലായേ അത് വിശദീകരിക്കുന്നു അതാണ് നഹി ശരീരതയാ ശരീരമായിട്ട് വിഷയതയ വിഷയമായിട്ട് ഇന്ദ്രിയതയാത മന ആരബ്ധ്രവ്യ എന്ന് വെച്ചാൽ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന മനസ്സ് പരമാണുവാണ് ആ പരമാണുവിൽ നിന്നുണ്ടാകുന്ന ദുണകാതി ദ്രവ്യങ്ങൾ ഭോഗസാധനത സംഭാവനീയന കൽപ്പനീയ ഭോഗസനെ അതി കൽപ്പിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അത് ശരീരം മനസ്സിൽ നിന്ന് ഒരു ദ്രവ്യമുണ്ടായി കാര്യദ്രവ്യം അത് ശരീരമായിട്ട് എന്തുകൊണ്ട് ഭോഗസാധനമായി കൂട ആകത്തില്ല എന്തുകൊണ്ട് ചതുർവിധ ശരീര അന്തർഭൂതസ്യ ശരീര അനന്തർഭൂത ഇന്ദ്രിയ അനാശ്രയസ്യ ശരീരതയാ ഭസാധനുപത്തി പറയുന്നു നോക്കുക ദാരിദ്രങ്ങൾ ഉണ്ടാകുന്ന നാല് ഭൂതങ്ങളിൽ നിന്നാണ് താർക്കികന്മാർ പറയുന്നു പൃഥിവിയിൽ നിന്ന് ദാരിദ്ര ഉണ്ടായാൽ പാർത്ഥിവരീരം ഉണ്ടാവാം ജലം അതിൽ നിന്ന് ശരീരം ഉണ്ടായാൽ ആപ്യജലുണ്ടാകും ആപ്യ ശരീരം തേജസ് അതിൽ നിന്ന് ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തേജസ് ശരീരം വായുവിൽ നിന്ന് ശരീരം ഉണ്ടാകാം ഇതെല്ലാം എന്താണ് ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ ശരീരങ്ങളും തർക്കമാര് പറയുന്നത് ശാസ്ത്രപ്രസിദ്ധമെന്നാണ് പാർത്ഥിവരീരം നമുക്കെല്ലാം ഉണ്ട് ജലീയ ശരീരം ജലലോ വരണലോകത്തിൽ ശരീരം വായുലോകത്തിൽ തൈജ ശരീരം തൈജസ ലോകത്ത് ആദിത്യലോകെ എവിടെയൊക്കെ ഉണ്ട് അതവര് സമ്മതിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ നാല് ഭൂത കാര്യദ്രവ്യം നാല് ഭൂതമൊന്നും ഉണ്ടല്ല കാര്യദ്രവ്യങ്ങളിൽ നിന്ന് ശരീരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ നാലിലേതെങ്കിലും ഒന്നായിരിക്കും മനസ്സിലായേ ഒന്നായി കഴിഞ്ഞാൽ അതെന്തോരം ഭോഗസാധന നാലിനും ഭോഗസാധനത്തുണ്ടല്ലോ മനസ്സിൽ നിന്ന് ഒരു ശരീരം ഉണ്ടായാൽ ഈ നാലിന് ഏതിരപ്പെടും അപ്പൊ ശരീരമായിട്ട് അതെങ്ങനെ ഭോഗസാധനമാകും മനസ്സിൽ നിന്നൊരു ശരീരം ഉണ്ടായിട്ട് ഭോഗസാധനമാകുമോ ആകത്തില്ല എന്തുകൊണ്ട് ഒരു ശരീരം ഉണ്ടായ നാലു പെടണം താർക്കികമായിട്ട് സിദ്ധാന്തം അനുസരിച്ച് പറയണം അദ്വീതിയുടെ അല്ല അപ്പൊ മനസ്സിൽ നിന്നൊരു ശരീരം ഉണ്ടായി കഴിഞ്ഞാൽ അത് നാലും പെടുന്നില്ല അങ്ങനെ ഭോഗസാധനം ആകത്തില്ല നാലും ഇല്ലാത്തോണ്ട് ഭോഗസാധനം ആകുന്നുണ്ട് ഉം അപ്പം പിന്നെ മനസ്സിൽ നിന്നങ്ങനെ ശരീരം ഉണ്ടായത് ഭോഗ സാധനമാകും അത് അവരംഗീകരിക്കുന്ന കാര്യമില്ലല്ലോ എന്നോട് പറയുന്നു അത് പറയുന്നതിന്റെ ചുരുക്കം എന്താണോ ഈ നാല് തരത്തിലുള്ള ശരീരമല്ലാതെ മറ്റൊരു ശരീരം ഉണ്ടോ എന്നുള്ളതിന് താർക്കികന്മാർക്ക് പ്രമാണമില്ല അതുകൊണ്ട് മനസ്സിൽ നിന്നുണ്ടായ ഒരു ശരീരം അങ്ങനെയൊന്നുമില്ല ഉണ്ടായിട്ട് വേണ്ടേ അങ്ങനെ ഒരു ശരീരമേ ഇല്ല അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഒരു കാരിദ്രവ്യം ഉണ്ടായാൽ അത് ശരീരം ആകത്തില്ല അതുകൊണ്ട് കാരിദ്രവ്യവൈരം ശരീര രൂപത്തിൽ ഒരു കാര്യദ്രവ്യം ഉണ്ടായി അത് ഭോഗത്തിന് സാധനമാകാത്തുകൊണ്ട് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യദ്രവ്യം ആദ്യം പറഞ്ഞ എന്താണ് ശരീരതയർ എന്താണ് പറയുന്നത് അപ്പോ നിയമം ഇങ്ങനെ പറയണം എന്താണ് കാര്യദ്രവ്യ ചതുർവിധ ശരീര അന്തർഭൂത അന്തർഭൂതയാ ഭോഗസാധനം ഒരു കാര്യദ്രവ്യം ഭോഗസനെങ്കിൽ എന്റെ വേണം ചതുർവിധ ചതുർവിധ ശരീരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു അതാണ് അവരുടെ വ്യാപ്തി ആടെ തർക്കന്മാരുടെ അതാണ് ശരീരസ്യ ചതുർവിദ്ധ ശരീര അന്തർഭൂതയാ ഭോഗ സാധനം എന്നാരും പറയും കാർക്കും അപ്പൊ അവിടെ ഒരു ചോദ്യം വരും ചതുർവിധ ശരീര അന്തർഭൂതത്വം എത്ര എത്ര ഭോഗസാധനത്വം അങ്ങനെ പറയാൻ പറ്റുമോ എത്ര ശരീര എത്രയെത്ര ചതുവിധ ശരീരം തത്രയത്ര ഭോഗ സാധനത്വം പറയാൻ പറ്റും ആലോചിച്ച് പറയണം എത്രയെത്ര ചതുർവിധ ശരീരം തത്രയത്ര ശരീരതയാ ഭോഗ സാധനത്വം അങ്ങനെ പറയണു എത്ര എത്ര ചതുർവിധ ശരീരം തത്ര ശരീര ഭോഗ സാധനത്വം അങ്ങനെ പറയാൻ പറ്റുമോ എവിടെയെല്ലാം നാല് തലത്തിലുള്ള ശരീരങ്ങളുണ്ടോ ഇതാണ് താർക്ക്യം പറയുന്നത് അവിടെയെല്ലാം ശരീരത്വേന ഭോഗസാധനം ഇവിടെ മൂന്ന് തലത്തിലാണ് ചിന്തിക്കുന്നത് ശരീരത്വേന ഇന്ദ്രിയത്വേന വിഷയത്വേന ആദ്യം ശരീരത്തെ എടുക്കുകയാണ് എത്ര എത്ര ചതുർവിധീ ശരീരം അത്ര തത്ര ശരീരതയാ ഭോഗ സാധനത്തും പറയാൻ പറ്റുമോ ഏറ്റും എന്തുകൊണ്ട് പറ്റില്ല പറ്റും ശരീരതയാ ഭോഗ സാധനം പറ്റുമല്ലോ ശരീരതയാ ഭോഗം പറഞ്ഞു ഭോഗസാധനം എന്ന് പറഞ്ഞ പോലെ അത് പറയാൻ പറ്റില്ല എന്നു മൃതശരീരം അതില് ശരീരതയാ ഭോഗസാധനം ഉണ്ടാ ഭാധന പറയുന്നതിന് ഉത്തരം പറയുക മൃദശരീരത്തിൽ അത് വേണമെങ്കിൽ പറയാം വിഷയതയാ ഭോഗം വരും അത് കണ്ട് ഭയന്നിട്ട് ദുഃഖം വരത്തില്ലേ സങ്കടം എത്ര എത്ര ചതുർവിധ ശരീരം അത്രയത്ര ശരീരതയാ ഭോഗസാധനത്വം വ്യാപ്തി പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് മൃഗശരീരത്തിനതില്ല അപ്പൊ പിന്നെ കോമൺ സെൻസ് കൊണ്ടാല് മുന്നോട്ട് പോണെ അത് തന്നെ കോമൺ സെൻസ് ആണ് അതുകൊണ്ട് കാർക്കികന്മാരെന്തേർക്കും എത്ര എത്ര ഇന്ദ്രിയ ആശ്രയതയാ ഭോഗസാധനത്വം ഇന്ദ്രിയ ആശ്രയതയാ ശരീരത്വം തത്ര തോഗ സാധനത്വംന്ന് പറയും എത്ര ഇന്ദ്രിയാശ്രയത്വേന ചതുർവിധ ശരീരത്വം അത്ര ഭോഗസാധനം എവിടെയാണോ ഇന്ദ്രിയാശ്രയത്വന ശരീരത്വുള്ളത് അവിടെയെല്ലാം ഭോഗസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും എന്തുകൊണ്ട് മൃഗശരീരത്തിൽ ഇന്ദ്രിയ ആശ്രയത്വേന ശരീരത്വില്ല അതുകൊണ്ടവിടെ ശരീരതയ ഭോഗസാധനത്വവും ഇല്ല അത് വളരെ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിൽ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായോ ഇവിടെ ഉണ്ട് ഹിന്ദി അർത്ഥത്തിൽ മിസ്റ്റേക്ക് അതായത് ഞാൻ ഹിന്ദി അർത്ഥം മുഴുവൻ വായിച്ചു നോക്കാറില്ല പക്ഷേ സംസ്കൃതം വായിക്കാറുണ്ട് ഈ സംസ്കൃതം വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഒരർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കുന്ന അർത്ഥം അങ്ങനെ രണ്ടു വരും പലപ്പോഴും സംഗതി എന്താണ് കൊനഷ്ടാണെങ്കിൽ തോന്നുന്ന അർത്ഥമായിരിക്കില്ല ചിന്തിക്കുമ്പം വരുന്നർത്ഥം അപ്പം അവിടെ മിക്കവാറും ഹിന്ദിയിൽ വരുന്ന എന്തായിരിക്കും വായിക്കുമ്പം തോന്നുന്നർത്ഥം നമ്മൾ പരിശോധന വരും അതുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അതങ്ങനെ പരിശോധിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ പരിശോധിച്ചിടത്തൊക്കെ എന്തുണ്ട് പരിശോധിക്കേണ്ടി വരുന്നിടത്തല്ല ചിന്തിച്ച് മനസിലാക്കേണ്ടി വരുന്ന സ്ഥലത്ത് വരുമ്പം പ്രതീതമായ അർത്ഥമാണ് എഴുതുന്നത് മുമ്പ് സ്ഥലത്ത് വന്നതുപോലെ പല സ്ഥലത്തും നോക്കിയെടുത്തത് കണ്ടിട്ടുണ്ട് അല്ല പൊതുവെ അങ്ങ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആ വ്യത്യാസം വരാൻ പറ്റില്ല ഞങ്ങൾ നോക്കിട്ട് വന്ന് നാളെ പറഞ്ഞാൽ മതി എന്താ മിസ്റ്റേക്ക് ണ്ട ഇരുപത്തിയാറ് മണിക്കൂറുണ്ട് അപ്പൊ ഇങ്ങനൊരു നിയമം പറയണം എത്ര ഇന്ദ്രിയാശ്രയത്വേന ചതുർവിധ ശരീരം ഭോഗസാധനതയാണ് ശരീരതയ ബോഗസാണ് അല്ല ഇതിലെന്താ ദോഷം ദോഷം പറയുക തർക്കികന്മാരെന്താ പറയുന്നത് സുഷുയെ കുറിച്ച് അദ്ദേഹം നമ്മൾ പഠിക്കുന്നത് തർക്കമാണ് ഇതെല്ലാം പറയുന്ന ആളുടെ സിദ്ധാന്തമനുസരിച്ച് താർക്കികന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയുമ്പോൾ ബ്രഹ്മസൂത്രത്തിൽ പോലും ആ താർക്കികന്മാരുടെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് പറയുക എന്താണ് താഴെ ടിപ്പണിയിൽ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ദ്രിയതും കറക്റ്റ് ചെയ്യണം ഇന്ദ്രിയ അനാശ്രയത്വം ഒരുപക്ഷെ പെൻഡിങ് മിസ്റ്റേക്ക് ആയിരിക്കും ഇന്ദ്രിയ അനാശ്രയത്വം തിരുത്തണം ഇന്ദ്രിയ ആശ്രയത്വം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇന്ദ്രിയ അനാശ്രയത്വം എന്നറക്റ്റ് ചെയ്യണം ഒന്നും നമ്പറിട്ട് കൊടുത്തിട്ടില്ലേ ഇന്ദ്രിയത ആശ്രയത്വം എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും കൂട്ടത്തിട്ട് ഇന്ദ്രിയത ആശ്രയത്വ ഇന്ദ്രിയ ഇന്ദ്രിയ അനാശ്രയത്വം ശരി എഴുതിയിരിക്കുന്ന തെറ്റ് ഇതുപോലെ മുമ്പ് ഒരു സ്ഥലത്ത് ടിപ്പണിയിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കറക്റ്റ് ചെയ്തല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല അത് പിന്നെ നോക്കിയോ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ച് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ അത്ര വലിയ സംഗതികളൊന്നുമല്ല സമയം കളയാത്തോണ്ടാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഈ ചതുർവിധ ശരീരങ്ങളിൽ ഇന്ദ്രിയാശ്രയത്വേന ഭോഗസാധനത്വം ഉണ്ട് അത് ശരീരതയ ഭോഗസാധനത്വം അവിടെ ചേർക്കണം രണ്ട് കാര്യങ്ങളാണ് ശരീരത്തിനെ വിശേഷിപ്പിക്കുന്ന എന്താണ് ഇന്ദ്രിയാശ്രയത്വേന ശരീരം ഭോഗസാധനത്വത്തെ വിശേഷിപ്പിക്കണങ്ങനെ ശരീരതയ ഭോഗം ഇത് രണ്ടും വേറെ തിരിച്ച് മനസ്സിലാവും അപ്പോ ഇനി മനസ്സിന്റെ കാര്യം എടുക്കുക മനസ്സ് നിന്നുണ്ടാകുന്നൊരു ദ്രവ്യം അത് എന്താണ് ഈ നാലെണ്ണത്തിൽ ഉൾപ്പെടുന്നില്ല ഇന്ദ്രിയാശ്രയത്വവും ഇല്ല ഭോഗസാധനത്വവും ഇല്ലാതില്ല ഭോഗിലെന്താണ് മന അതുകൊണ്ട് മന ആരബ്ധ്രവ്യം വ്യർത്ഥമാണ് ഇനി ഉപാധിയുടെ ലക്ഷണമനുസരിച്ച് ഇതിനെ സമന്വയിപ്പിക്കുന്ന നമ്മൾ അവസാനം ചെയ്യും അത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ ആദ്യം തന്നെ ഉപാധി വെച്ച് സമന്വയിപ്പിക്കാൻ പോയാൽ പ്രയാസമില്ല ഉപാധിയുടെ ലക്ഷണം എന്താണ് സാധ്യവ്യാപകത്വ സ്ഥിതി അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും അതിൽ കഴിഞ്ഞതിന് ശേഷം കാരണം എന്താണ് വൈയർദ്ധ്യമെന്ന് മനസ്സിലാക്കണ്ടേ അല്ലാത്ത ആദ്യ വ്യാപത്വവും സാധനവ്യാഗത്വം പറഞ്ഞാൽ എന്ത് മനസ്സിലാവും അതുകൊണ്ട് വൈയർത്ഥ്യം ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ശരീരമെന്നുള്ള നിലയ്ക്ക് വൈരഥ്യം വരുന്നത് അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞു എന്താണ് പാർത്ഥിവാദി ചതുർവിധ ശരീര അനന്തർഭൂതസ്യ പാർത്ഥിവാദി നാല് വിധ ശരീരത്തിന് ഉൾപ്പെടാത്ത ഒന്ന് ഇന്ദ്രിയ അനാശ്രയസിയ ഇന്ദ്രിയത്തിനാശ്രയവുമല്ല അത് തർക്കികന്മാർക്ക് വേണ്ടി പറഞ്ഞാണ് ഇന്ദ്രിയ അനാശ്രയം അല്ലെങ്കിൽ എന്തോരം മൃതശരീരത്തിൽ ഭോഗസാധനത്വം വരും അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പറഞ്ഞതാണ് അദ്വൈതിക്കാതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരോട് തന്നെ പറയണം നിങ്ങൾ ശരീരത്തെ സ്വീകരിക്കുന്നത് ഭോഗസാധനമായി സ്വീകരിക്കുന്ന ഇന്ദ്രിയാശ്രയത്വനാണ് അതും ചേർത്തക്കാർക്കികന്റെ സിദ്ധാന്തം പെർഫെക്റ്റ് ആക്കിക്കോട്ടെ അദ്വീതി തന്നെ ഒരു സൗജന്യം കൊടുക്കുകയാണ് നിങ്ങളുടെ ഒരു ദോഷം വരണ്ട അത് ഞങ്ങൾ തരാം അതാണ് പാർത്ഥിവാദി ചതുർവിധ ശരീര അനന്തർഭൂതസ്യ ശരീരമായിട്ട് അത് ഭോഗസാധനം ആകത്തില്ല അതുകൊണ്ട് മന ആരബ്ധകരിദ്രവ്യം ശരീരമായിട്ട് ഭോഗസാധനം ആകത്തില്ല ഇനി വിഷയതയാ ഇനി ഇത് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഹിന്ദിയിൽ മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ എളുപ്പം പറയും ഇത്രയാണെന്ന് അതാർക്ക് വേണോ പറയാം പക്ഷെ എന്തുകൊണ്ടാണെന്നുകൂടെ കണ്ടുപിടിച്ചോണ്ട് വരണം അടുത്ത ദിവസം വരും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരും നിങ്ങൾ പറയും ഹിന്ദി വായിക്കാൻ അറിയാമെന്നുള്ള എല്ലാവരും പറയും പക്ഷേ നിങ്ങളുടെ ജോലി എന്താണോ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്ന് അതുകൂടെ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ വായിക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഹിന്ദി എഴുതിയത് ഇതൊന്നും പ്രിന്റിങ് മിസ്റ്റേക്കൊന്നുമല്ല ഇതിനേക്ക് എന്താ പറയുന്നത് അനവധാനത കാരണം ഇങ്ങനെ വ്യാഖ്യാനം ഒരു ശാസ്ത്രത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ പുലർത്തേണ്ട ഏകാഗ്രത ശ്രദ്ധ പുലർത്താത്തതിന്റെയാണ് അതുകൊണ്ട് വരുന്ന ഇതാണ് വളരെ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ചും സൂക്ഷ്മമായ ഒരു സംസ്കൃത വ്യാഖ്യാനമുള്ള ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സംസ്കൃത വ്യാഖ്യാനം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് അബദ്ധം അല്ലെങ്കിൽ നമുക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല ഇവിടെയും വന്നിട്ടുണ്ട് മിസ്റ്റേക്ക് ഇതും സംസ്കൃതം വായിക്കുമെന്ന് നമുക്ക് തോന്നും ഹിന്ദിയാണ് ശരിയെന്ന് തോന്നും ഇരുന്നാണ് വായിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് എന്ന് ചിന്തിക്കണം അപ്പം ശരിയാവും കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ചിന്തിക്കുമ്പോൾ ശരിയാവും നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്താലും മതി ഇതൊന്നും ദോഷം കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നതല്ല അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദോഷം മുമ്പ് എനിക്കും അപ്പൊ കണ്ടില്ലെന്ന് മേടിക്കാൻ പറ്റും തകരാറ് അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം വളരെ കർക്കശമായ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കണം അബദ്ധം വരാം നോക്കും വരാം എന്നാലും ശ്രമം അതിനായിരിക്കണം പിന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കഴിവില്ലായ്മ അത് പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതിന് ശ്രമിക്കണം എപ്പോഴും അതുകൊണ്ട് ഹിന്ദി സാറാണ് ഇനി ഇതിനൊരു ഹിന്ദി വ്യാഖ്യാനോ അങ്ങനെ എഴുതാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതുകൂടെ ഒക്കെ പരിഗണിച്ചോണം ഹിന്ദി കയ്യിലുണ്ടല്ലോ സംഗതി പഠിക്കുന്നുണ്ട് വേണ്ടി വന്ന ഒരു വ്യാഖ്യാനമൊക്കെ എഴുതാം നമ്മളെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല ഹിന്ദി ഇല്ലാത്തത് കൊണ്ട് ഹിന്ദി ഉള്ളവർക്ക് പറ്റും എന്നുവെച്ചാൽ വിഷയത്തെയാ വിഷയമായിട്ടും ഇത് ഭോഗസാധനമാകത്തില്ല എന്നുകൊണ്ട് രൂപസ്പർശ ശൂന്യാരബസ്യ തദ്രഹിതത്വേനാ വിഷയത്വ യോഗ ഇപ്പൊ നോക്കുക രൂപവും സ്പർശവും ഇല്ലാത്ത ഒന്നും ഒരിക്കലും ഒരു കാര്യദ്രവ്യം വിഷയമാകത്തില്ല നോക്കുക പൃഥിവി അപ്പ് തേജസ് വായു നാലെണ്ണം പൃഥിവി അപ്പ് തേജസ് ഈ മൂന്നെണ്ണത്തിനും ൂപമുണ്ട് സ്പർശമുണ്ട് ഇനി വായുവിനെടുത്താൽ രൂപം ഉണ്ടെങ്കിലും സ്പർശമുണ്ട് അതുകൊണ്ട് പറയുന്നു രൂപവും സ്പർശവും ഉള്ളത് മാത്രമേ ഭോഗസാധനമാകുന്നുള്ള വിഷയമായിട്ട് അല്ലേ ഏ സ്പർശം ഉള്ളത് എന്താണോ വായു ഏ ൂപല്ലേ മറ്റ് മൂന്നെണ്ണത്തിൻ്റെ രൂപത്തിനല്ലേ പ്രാധാന്യം അത് കഴിഞ്ഞല്ലേ സ്പർശം വരുന്നുള്ളൂ രൂപം കഴിഞ്ഞല്ലേ അതുകൊണ്ടു രൂപത്തിന് പറയുന്നത് എന്തുകൊണ്ട് ചക്ഷേന്ദ്രിയാണല്ലോ പ്രധാനമായിട്ട് അല്ലേ പൃഥിവി നമ്മൾ സ്പർശിച്ചാണ് അറിയുന്നത് ഭോഗസാധനമാകുന്നു ജലം സ്പർശിച്ചാണ് ഭോഗസാധനമാകുന്നത് അപ്പോൾ വിഷയമായി ഭോഗസാധനമാകുന്ന ആശ്രയിച്ചത് രൂപത്തെ ആശ്രയിച്ചിട്ടാണ് ഭോഗത്തിന് ഉപകരണം വിഷയത്വേന വിഷയം എന്ന് പറയുമ്പോൾ വിഷയത്വേന അത് വിഷയമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് മൃതശരീരം കാണുമ്പം ഒരു ദാഹണം ഭയം വരുന്നു അത് തന്നെ ഭോഗം അതുകൊണ്ട് ദുഃഖം ഉണ്ടാവും ഇപ്പൊ ഭോഗത്തിന് സാധനമായെന്ത് മൃതശരീരം നമ്മുടെ ശരീരത്തെ എങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു എന്തുകൊണ്ട് രൂപമുള്ളത് അല്ലേ നല്ല കാറ്റ് വീശും കണ്ണുകൊണ്ട് ഭോഗസാധനമാകും ചൂട് കാലത്താണെങ്കിൽ നല്ല തണുപ്പ് സുഖമുണ്ടാകും അപ്പോൾ അത് ഭോഗസാധനമായി എങ്ങനെ വിഷയത്വേന എന്ത് കാര്യദ്രവ്യം അതുകൂടെ ഓർക്കണം പരമാണുവിൻ്റെ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ കാര്യദ്രവ്യങ്ങളാണ് എന്ത് വരുന്നത് വിഷയത്വേന ഭോഗസമാകുന്നു അത് സ്പർശം കൊണ്ട് വായുവിന് വേറെ രക്ഷയില്ല പൃഥ്വിധികളിൽ സ്പർശം കൊണ്ടും രക്ഷേന്ദ്രിയം കൊണ്ടും പറ്റും അതിന് പ്രധാനം ഏതാണ് ചക്ഷേന്ദ്രിയാണ് ഭോഗസാധനമാണ് മാത്രമല്ല വിഷയത്തിന് തർക്കികന്മാര് എന്ന് പറയുന്ന ലക്ഷണം ശരീര നമ്മൾ തർക്ക സംഗ്രഹത്തിൽ പഠിച്ചിട്ടുണ്ട് ശരീര ഇന്ദ്രിയ ഭിന്നതി ഭോഗ സാധനം എന്നാണ് തർക്കസംഗ്രഹത്തിൽ വ്യാഖ്യാനത്തിൽ പഠിച്ചത് ഇവിടെ പറയുന്നത് ശരീര ഇന്ദ്രിയ ഭിന്നതി അവയവിത്വം എന്നാ പറയുന്നു ശരീര ഇന്ദ്രിയ ഭിന്നതി അവയവി കരിദ്രവ്യം അവയവി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവയവി കരിദ്രവ്യമാണ് കരിദ്രവ്യത്തിനാണ് പറയുന്നത് ശരീര ഇന്ദ്രിയ ഭിന്നത്യസതി അതാണ് വിഷയം അങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് വരുന്നു ഭോഗത്തിന് സാധനമാണ് അല്ലേ സുഖുഃഖങ്ങൾക്ക് അത് സാധനമായി തീരും ഇനി തമസിനെടുക്കുക തമസിൽ നിന്നൊരു കാര്യത്തിന് ഉണ്ടായാൽ അതിൽ രൂപമോ സ്പർശമോ ഉണ്ടോ രൂപമുണ്ട് സ്പർശമുണ്ട് അപ്പോ ഇവിടെ എന്താ പറയുന്നത് തമസിന്റെ കാര്യം മനസ്സ് തമസ് ദ്രവ്യമായി അംഗീകരിച്ചല്ലോ തമസിനെ മറ്റൊരു പരിഗണിച്ചിട്ടേ ഇല്ല തമസിന്റെ മനസ്സ് മനസ്സിൽ നിന്നൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗവുമില്ല സ്പർശവും ഇല്ല അപ്പോ ശരീരേന്ദ്രിയ ഭിന്നതി അവയവിത്വേന ഭോഗസാധനമാകും അത് ർശമില്ലാത്ത ആകത്തില്ല അപ്പൊ വിഷയിപ്പിക്കാനും ഭൂപസോ എന്നാണ് അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം വായുവിൽ എന്തേ ഉള്ളൂ സ്പർശം മാത്രമല്ലേ ഉള്ളൂ അതിലൊരു അഭിപ്രായ വ്യത്യാസം എന്താണ് വായുവിനെ സംബന്ധിച്ച് വായുവിനെ സംബന്ധിച്ച് അല്ല പറയുന്നത് എന്താണ് സ്പർശന പ്രത്യക്ഷം അത് വായുവിന്റെ പ്രത്യക്ഷം അല്ല അനുമാനത്തിലൂടെയാണ് രണ്ട് തരത്തിൽ ആണല്ലോ വായു പ്രത്യക്ഷം സ്പർശന ത്വാചപ്രത്യക്ഷമാണോ അതേ അനുമാന അനിമിതിയാണോന്നുള്ളത് ഇവിടെ അതല്ല വിഷയം അത് ഭോഗ സാധനമാണോ ാണ് വായു അങ്ങനെ പിന്നെ തീർക്കും അപ്പോ എന്താണ് മനസ്സിൽ നിന്ന് ആരംഭിച്ച ദ്രവ്യം അതിനെ കുറിച്ച് ചിന്തിക്കുന്നംഭിച്ച ദ്രവ്യം അത് ശരീരേന്ദ്രിയ ഭിന്നത്വസതി കാര്യദ്രവ്യം എന്നോ അവയവിയെന്നോ അല്ലെങ്കിൽ രൂപ സ്പർശ അവയവെന്നോ ഏതെങ്കിലും തരത്തിലത് ഭസാധനമാകുന്നുണ്ടോ വിഷയത്വേന മനസ്സിൽ നിന്നുണ്ടായ വിഷയമാകുമോ ഉണ്ടാകത്തില്ല കാരണം അതിനകത്ത് രൂപമില്ല സ്പർശവുമില്ല അല്ലാത്തതിലും ഭോഗസാധനവും ആ രീതിയിലും ആകുന്നില്ല അതും ശരിയാറി രൂപ അത് മതി ഈ നാലെണ്ണം എടുക്കാം അത് മതി നാലെണ്ണമല്ലേ ഉള്ളൂ കാര്യദ്രവ്യങ്ങൾ ഭോഗസാധനമായിട്ട് നാലെണ്ണല്ലേ ഉള്ളൂ രൂപത്തെ എടുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം കിട്ടും സ്പർശത്തെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ വായുവിനെ കിട്ടും പിന്നെ പക്ഷെ രൂപമല്ലേ ഇവിടെ പ്രാധാന്യം പിന്നെ നിങ്ങൾ കൂടുതലായി നിങ്ങൾ ഹിന്ദി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ബാക്കി അപ്പ പറയാം ബാക്കി അന്നേരം പറയാം ആ അപ്പോ എന്താണ് വിഷയത്തിനേയും പ്രോഗസാഹനവും ഇശേഷിക്കുന്ന ഇന്ദ്രിയമാണ് ആ നാഭിന്ദ്രിയതയാ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ദ്രവ്യം ഇന്ദ്രിയത്വേന ഭോഗസാധനമല്ല എന്തുകൊണ്ട് പറയുന്നു നാഭിഇന്ദ്രിയതയാ മനസ്സേവ ഇന്ദ്രിയത്വാരബ ഇന്ദ്രിയാന്തര സ്വീകാര വൈകർത്ഥ കാരണം താർക്കികന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് മനസ്സാണ് ഇന്ദ്രിയം അതിൽ നിന്നുണ്ടായ ഒരു ഇന്ദ്രിയത്തെ സ്വീകരിക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ എന്താ അപ്പൊ മനസ്സിൽ നിന്നൊരു കാര്യേന്ദ്രിയുണ്ടായി അത് ഇന്ദ്രിയമായി ഭോഗ സാധനം പറയാൻ കഴിയില്ല ആണ് പറയുന്നത് നാവി ഇന്ദ്രിയതയാ മനേവ ഇന്ദ്രിയത്വ മനസ്സാണ് ഇന്ദ്രിയം ിയാന്തര സ്വീകാര ഉയർത്ഥ അതിൽ നിന്ന് ജന്യമായ ഇന്ദ്രിയാന്തരം മറ്റൊരു ഇന്ദ്രിയത്തെ സ്വീകരിക്കുന്നത് വ്യർത്ഥമാണ് വിഷയമാണ് ഘടം വീണ്ടും ഒരു വിഷയമായിട്ട് അതും അതെല്ലാം ഭോഗസാധന കാര്യദ്രവ്യങ്ങളല്ലേ കാര്യദ്രവ്യങ്ങളെല്ലാം ഭോഗസാധനമാണ് ഈ നാലെണ്ണത്തിന്റെ ഒരു ദ്രവ്യത്തിൽ മറ്റൊരു ദ്രവ്യം ഉണ്ടായിട്ടും അതെല്ലാം പൃഥ്വി പരമാണുക്കളുടെ കാര്യമായിട്ടും കാര്യദ്രവ്യങ്ങളെല്ലാം ഭോഗസാധനവും പൃഥ്വി പരമാണുക്കളുടെ കാര്യങ്ങൾ എന്തായാലും ഹിമാലയമായാലും ശരി ഘടമായാലും ശരി എന്തായാലും ശരി ഇപ്പം മൂന്ന് തരത്തിലും ശരീരമായും ഇന്ദ്രിയമായും വിഷയമായിട്ടും മനസ്സിൽ നിന്നുണ്ടായ ഒരു ദ്രവ്യം ബോഗസാധന അതാണ് അടുത്ത് പറയുന്നത് ശരീര ഇന്ദ്രിയ വിഷയ അനന്തർഭൂത കാര്യദ്രവ്യസ ഭോഗസാധനത്വം പരേരംഗീക്രിയതേ പറയുന്നു പറയുന്നു ഇവിടെ ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതൊന്ന് നോക്കിട്ട് പറയുക അത് അത്ര വലിയൊരു മിസ്റ്റേക്കല്ല എന്റെ ഹിന്ദിയുടെ കുഴപ്പം കൊണ്ടും മിസ്റ്റേക്ക് തോന്നാം എന്തായാലും അതൊന്നും നമ്മൾ നോക്കുക ഇവിടെ പറയുന്ന എന്താണ് എന്നുവെച്ചാൽ ശരീര ഇന്ദ്രിയ വിഷയ ശരീരം ഇന്ദ്രിയം വിഷയം ഇതിൽ ഉൾപ്പെടാത്ത കാര്യദ്രവ്യം എന്നുവെച്ചാൽ ഹിന്ദിയിൽ അതിന്റെ ആശയം വ്യക്തമാക്കിയില്ല ി വാചകം ശരിയാണ് അത് തെറ്റൊന്നുമില്ലല്ലോ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു എന്താണ് ശരീരേന്ദ്രിയ വിഷയം ഭോഗസാധനം തറക്കുക വാചകം ശരിയാണ് അത് വേറെ മിസ്റ്റേക്കൊന്നും ഇല്ലല്ലോ അതാണ് ഇവിടെ പറയുന്നത് ശരീരേന്ദ്രിയ വിഷയ എന്താണ് ഇവിടെ പറയുന്നത് ശരീരേന്ദ്രിയ വിഷയ അനന്തർഭുത സ്വീകാര്യ ദ്രവ്യസ് ട്രാൻസ്ലേഷൻ എന്നുള്ള കലയ്ക്ക് കുഴപ്പമില്ല പക്ഷെ ആശയം വ്യക്തമാവുന്നില്ല അതാണ് അവിടെ അത്രേയുള്ളൂ ശരീരേന്ദ്രിയ വിഷയ അനന്തർഭൂതമായ കാര്യദ്രവ്യം ഭോഗസാധനമായി പരയിരെന്ന് പറഞ്ഞാൽ തർക്കന്മാര് അംഗീകരിക്കുന്നില്ല അവിടെയെല്ലാം മിസ്റ്റേക്ക് വ്യക്തമല്ല എന്ന് ഞാൻ പറയുന്നു അതൊക്കെ ശരി എന്താ അവ്യക്തതയും നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടുവരണം ഞാൻ പറഞ്ഞിട്ടുള്ള ഭാഷയപരമായിട്ടല്ല ശരീരം ഇന്ദ്രിയം വിഷയം മൂന്നും ഉൾപ്പെടാത്ത ഒരു കാര്യദ്രവ്യം ഭോഗസാധനം അല്ല എന്നാണ് മൂലത്തിലെഴുതിയിരിക്കുന്നത് ഭോഗസാധനമായി അവർ സ്വീകരിക്കുന്നത് എന്ന് കാര്യദ്രവ്യം ഭോഗസാധനമാണെങ്കിൽ ശരീരം ഇന്ദ്രിയം വിഷയം ഏതെങ്കിലും വന്നാൽ ഉൾപ്പെട്ടിരിക്കണം ഇപ്പം മനസ്സിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ എന്താണ് ശരീരം ഇന്ദ്രിയം വിഷയം ഈ മൂന്ന് രൂപത്തിലുമുള്ള ഒരു ദാരിദ്രവ്യം അവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ഒന്നും ഭോഗ സാധനം ആകുന്നില്ല അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതവിടെ പറയുന്നു മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിൽ നിന്നൊരു കാരിദ്രവ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാരിദ്രവ്യം വ്യർത്ഥമാവും ഇതാണ് ഇവിടെ പറയുന്നത് ശരി